ം ഇരുപത് ഏഴാം ആണ്ട് അഞ്ചാം മാസം പത്താം തീയതി ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ വന്ന് എന്റെ മുമ്പിൽ ഇരുന്നു അപ്പോൾ യഹോവിയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ ഇസ്രയേൽ മൂപ്പന്മാരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ എന്നോട് അരുളപ്പാട് ചോദിപ്പാൻ വന്നിരിക്കുന്നുവോ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്നാണേ ഞാൻ ഉത്തരമരുളുകയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാടെന്ന് അവരോട് പറയണം മനുഷ്യപുത്ര നീ അവരെ ന്യായം വിധിക്കുമോ നീ അവരെ ന്യായം വിധിക്കുമോ നീ അവരുടെ പിതാക്കന്മാരുടെ മ്ളേച്ഛതകളെ അവരോടറിയിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഇസ്രയേലിനെ തെരഞ്ഞെടുത്തു യാക്കോപഗ്രഹത്തിന്റെ സന്തതിയോട് കൈയുയർത്തി സത്യം ചെയ്തു മിസ്രൈൻ ദേശത്ത് വെച്ച് എന്നെ തന്നെ അവർക്ക് നാളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നുവെന്ന് കൈയുയർത്തിയും കൊണ്ട് അവരോട് അരുളിച്ചു ഞാൻ അവരെ മിസ്രൈൻ ദേശത്തുനിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്കു വേണ്ടി നോക്കിവെച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈയുയർത്തി സത്യം ചെയ്തു അവരോട് നിങ്ങൾ ഓരോരുത്തനും താൻ താന്റെ കണ്ണിൻ മുമ്പിലിരിക്കുന്ന മ്ളെച്ച വിഗ്രഹങ്ങളെ എറിഞ്ഞുകളവി മിശ്രൈമ്യ ബിംബങ്ങളെക്കൊണ്ട് നിങ്ങളെ മലിനമാക്കരുത് ഞാനത്ര നിങ്ങളുടെ ദൈവമായ ഹോവ എന്ന് കൽപ്പിച്ചു അവരോ എന്നോട് മത്സരിച്ചു എന്റെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലാതെ ഇരുന്നു അവരിൽ ഒരുത്തനും തന്റെ കണ്ണിൻ മുമ്പിലിരുന്ന മ്ളേച്ഛവിഗ്രഹങ്ങളെ എറിഞ്ഞുകളകുകയോ മിശ്രൈമ്യ ബിംബങ്ങളെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല ആകയാൽ ഞാൻ മിശ്രൈം ദേശത്തിന്റെ നടുവിൽ വച്ച് എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപം അവരിൽ നിവർത്തിക്കും എന്നും അരുളി ചെയ്തു എങ്കിലും അവരുടെ ചുറ്റും പാർക്കുകയും ഞാൻ അവരെ മിസ്രയും ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച് എന്നെത്തന്നെ വെളിപ്പെടുത്തിയത് കാണുകയും ചെയ്ത ജാതികളുടെ മുമ്പാകെ എന്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ എന്റെ നാമം നിമിത്തം പ്രവർത്തിച്ചു അങ്ങനെ ഞാൻ അവരെ മിസ്രയും ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നു ഞാൻ എന്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു എന്റെ വിധികളെ അവരെ അറിയിച്ചു അവയ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന ഹോയെന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കുമിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബത്തുകളെയും ഞാൻ കൊടുത്തു ഇസ്രയേൽ ഗ്രഹമോ മരുഭൂമിയിൽ വെച്ച് എന്നോട് മത്സരിച്ചു അവർ എന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെ എന്റെ വിധികളെ ധിക്കരിച്ചു അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും എന്റെ ശബത്തുകളെയും അവർ ഏറ്റവും അശുദ്ധമാക്കി ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എന്റെ ക്രോധം അവരുടെ പകർന്ന് അവരെ സംഹരിക്കുമെന്ന് അരുളി എങ്കിലും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എന്റെ നാമം അശുദ്ധമാകാതെയിരിക്കേണ്ടതിന് ഞാൻ അതിൻ നിമിത്തം പ്രവർത്തിച്ചു അവരുടെ ഹൃദയം അവരുടെ വിഗ്രഹങ്ങളോട് ചേർന്നിരുന്നതുകൊണ്ട് അവർ എന്റെ വിധികളെ തിക്കരിച്ച് എന്റെ ചട്ടങ്ങളിൽ നടക്കാതെ എന്റെ ശവത്തുകളെ അശുദ്ധമാക്കുകയാൽ ഞാൻ അവർക്ക് കൊടുത്തിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതും ആയ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ല എന്ന് ഞാൻ മരുഭൂമിയിൽ വെച്ച് കൈയ്യയർത്തി സത്യം ചെയ്തു എങ്കിലും അവരെ നശിപ്പിക്കുകയും മരുഭൂമിയിൽ വച്ച് അവരെ മുടിച്ചുകളയുകയും ചെയ്യാതെ വണ്ണം എനിക്കവരോട് അയ്യോഭാവം തോന്നി ഞാൻ മരുഭൂമിയിൽ വച്ച് അവരുടെ മക്കളോട് നിങ്ങളുടെ പിതാക്കന്മാരുടെ ചട്ടങ്ങളിൽ നടക്കരുത് അവരുടെ വിധികളെ പ്രമാണിക്കരുത് അവരുടെ വിഗ്രഹങ്ങളെക്കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു നിങ്ങൾ എന്റെ ചട്ടങ്ങളെ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിപ്പീൻ എന്റെ ശബത്തുകളെ വിശുദ്ധീകരിപ്പീൻ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവയെനിക്കും നിങ്ങൾക്കുമിടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു എന്നാൽ മക്കളും എന്നോട് മത്സരിച്ചു അവർ എന്റെ ചട്ടങ്ങളെ അനുസരിച്ചില്ല എന്റെ വിധികളെ പ്രമാണിച്ച് നടന്നതുമില്ല അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും അവർ എന്റെ ശബത്തുകളെ അശുദ്ധമാക്കി ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപം അവരിൽ നിവർത്തിക്കുമെന്ന് അരുളി ചെയ്തു എങ്കിലും ഞാൻ എന്റെ കൈ പിൻവലിക്കുകയും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എന്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് അത് നിമിത്തം പ്രവർത്തിക്കുകയും ചെയ്തു അവർ എന്റെ വിധികളെ അനുഷ്ഠിക്കാതെ എന്റെ ചട്ടങ്ങളെ ധിക്കരിച്ച് എന്റെ ശവത്തുകളെ അശുദ്ധമാക്കുകയും അവരുടെ കണ്ണ് അവരുടെ പിതാക്കന്മാരുടെ വിഗ്രഹങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്തതുകൊണ്ട് ഞാനവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് രാജ്യങ്ങളിൽ ചിതറച്ചു കളയുമെന്ന് മരുഭൂമിയിൽ വെച്ച് കൈയുയർത്തി അവരോട് സത്യം ചെയ്തു ഞാനവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു ഞാൻ യഹോവയെന്ന് അവർ അറിവാൻ തക്കവണ്ണം ഞാൻ അവരെ ശൂന്യമാക്കേണ്ടതിന് അവർ എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ ഞാനവരെ അവരുടെ സ്വന്ത വഴിപാടുകളാൽ അശുദ്ധമാക്കി അതുകൊണ്ട് മനുഷ്യപുത്ര നീ ഇസ്രയേൽ ഗ്രഹത്തോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നതിൽ എന്നെ ദുഷിക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈയുയർത്തി സത്യം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവന്ന ശേഷം അവർ ഉയർന്ന എല്ലാ കുന്നും തഴച്ച സകല വൃക്ഷവും നോക്കി അവിടെ ഹനനബലികളെ അർപ്പിക്കുകയും കോപഹേതുകമായ വഴിപാട് കഴിക്കുകയും സൗരഭ്യവാസന നിവേദിക്കുകയും പാനീയ ബലികളെ പകരുകയും ചെയ്തു നിങ്ങൾ പോകുന്ന പൂജാഗിരി എന്ത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു ഇന്നുവരെയും അതിന് പൂജാഗിരി എന്ന് പേർ പറഞ്ഞുവരുന്നു അതുകൊണ്ട് നീ ഇസ്രയേൽ ഗൃഹത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ മര്യാദപ്രകാരം നിങ്ങളെ തന്നെ അശുദ്ധമാക്കുവാനും അവരുടെ മ്ളേച്ച വിഗ്രഹങ്ങളോട് ചേർന്ന് എന്നാണേ ഞാൻ ഉത്തരമരുളുകയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നാം മരത്തെയും കല്ലിനെയും സേവിച്ചു ജാതികളെപ്പോലെയും ദേശങ്ങളിലെ വംശങ്ങളെപ്പോലെയും ആയിത്തീരുക എന്ന് നിങ്ങൾ പറയുന്നതായി നിങ്ങളുടെ മനസ്സിലെ വിചാരം ഒരിക്കലും നടക്കിയില്ല എന്നാണ് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ഞാൻ നിങ്ങളെ ഭരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് അവിടെ വച്ച് മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും മിശ്രം ദേശത്തിന്റെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ വ്യവഹരിച്ചതുപോലെ നിങ്ങളോടും വ്യവഹരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഞാൻ നിങ്ങളെ കോലിൻ കീഴെ കടത്തി നിയമത്തിന്റെ ബന്ധനത്തിൽ ഉൾപ്പെടുത്തും എന്നോട് മത്സരിച്ച് അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും അവർ ചെന്നുപാർക്കുന്ന രാജ്യത്തുനിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും എങ്കിലും േൽദേശത്ത് അവർ കടക്കയില്ല ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും ഇസ്രയേൽ ഗ്രഹമേ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങൾ ചെന്ന് ഓരോരുത്തൻ താൻ തന്റെ വിഗ്രഹങ്ങളെ സേവിച്ചുകൊള്ളു എന്നാൽ പിന്നത്തേതിൽ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കും എന്റെ വിശുദ്ധനാമത്തെ നിങ്ങളുടെ വഴിപാടുകളെ കൊണ്ടും വിഗ്രഹങ്ങളെക്കൊണ്ടും ഇനി അശുദ്ധമാക്കുകയും ഇല്ല എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇസ്രയേലിന്റെ ഉന്നതപർവ്വതത്തിൽ തന്നെ ഇസ്രയേൽ ഗ്രഹമൊക്കെയും ഒട്ടൊഴിയാതെ അവിടെ ദേശത്തു വെച്ച് എന്നെ സേവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അവിടെ ഞാൻ അവരെ സ്വീകരിക്കും അവിടെ ഞാൻ നിങ്ങളുടെ വഴിപാടുകളെയും ആദ്യദാനങ്ങളെയും സകല നിവേദ്യങ്ങളെയും ആഗ്രഹിക്കും ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ചു നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സൌരഭ്യവാസനയായി സ്വീകരിക്കും അങ്ങനെ ഞാൻ ജാതികൾ കാണെ നിങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടും നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈയുയർത്തി സത്യം ചെയ്ത ദേശമായ ഇസ്രയേൽ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും അവിടെ വച്ച് നിങ്ങൾ നിങ്ങളുടെ വഴികളെയും നിങ്ങളെ തന്നെ മലിനമാക്കിയ സകല ക്രിയകളെയും ഓർക്കും നിങ്ങൾ ചെയ്ത സകല ദോഷവും നിമിത്തം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ഇസ്രയേൽ ഗ്രഹമേ നിങ്ങളുടെ ദോഷമായുള്ള വഴികൾക്ക് തക്കവണ്ണമല്ല നിങ്ങളുടെ വഷളായുള്ള പ്രവൃത്തികൾക്ക് തക്കവണ്ണവുമല്ല എന്റെ നാമം നിമിത്തം തന്നെ ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവിയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്ന മനുഷ്യപുത്ര നിന്റെ മുഖം തെക്കോട്ട് തിരിച്ച് ദക്ഷിണദേശത്തോട് പ്രസംഗിച്ച് തെക്കേ ദിക്കിലെ കാട്ടിനോട് പ്രവചിച്ച് തെക്കുള്ള കാട്ടിനോട് പറയേണ്ടത് യഹോവയുടെ വചനം കേൾക്ക യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിനക്ക് തീവ്ക്കും അത് നിന്നിൽ പച്ചയായുള്ള സകല വൃക്ഷത്തെയും ഉണങ്ങിയിരിക്കുന്ന സകലവൃക്ഷത്തെയും ദഹിപ്പിച്ചുകളും ജ്വലിക്കുന്ന ജ്വാല കെട്ടുപോകയില്ല തെക്കുമുതൽ വടക്കുവരെയുള്ള മുഖങ്ങളൊക്കെയും അതിനാൽ കരിഞ്ഞു പോകും ഞാൻ അത് കത്തിച്ചു എന്ന് സകലജഡവും കാണും അത് കെട്ടുപോകയുമില്ല അപ്പോൾ ഞാൻ അയ്യോ യഹോവയായ കർത്താവെ ഇവൻ മറപ്പൊരുൾ അല്ലോ പറയുന്നത് എന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു